തീർച്ചയായും അള്ളാഹുസുബഹാനഹുവത്തെ ആല നീതിക്കും സൽസ്വഭാവത്തിനും കുടുംബബന്ധം പുലർത്തുന്നതിനും കൽപ്പിക്കുന്നു മ്ളേച്ചതയ്ക്കും നിഷിദ്ധമായ കാര്യങ്ങൾക്കും അതിക്രമത്തിനും അവൻ വിലയ്ക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഓർമ്മിക്കാനിടയുള്ളതിനാൽ അവൻ നിങ്ങൾക്കുപദേശം നൽകുന്നു